ശബ്ദം കേൾക്കുന്നുണ്ടെന്നോ ആരോ അടുക്കരുന്ന് പറയുന്നുണ്ട് നമ്മള് വളരെ സുഖമായിട്ടിരിക്കാനാണ് ഇടയ്ക്കിരിക്കുന്ന എല്ലരെ നോക്കിയാൽ അവരോട് ചോദിച്ചാൽ മതി നിർമ്മലാനന്ദഗിരി സ്വാമിയാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് അദ്വൈത ദീപികയാണ് അതില് ദൃഷ്ടാന്തമായ സ്വപ്നം എടുത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും സ്പഷ്ടമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണടഞ്ഞ സ്വാമിയെ അടുക്കലേക്ക് വിളിക്കുന്നത് ഈ മോളിക്കയറി ഇരിക്കാതെ ഇഞ്ഞ് വാടോന്നാണ് വിളിക്കുന്നത് മനസിലായില്ല അപ്പൊ ചിലരെ ആഞ്ഞു വിളിക്കുകയാണ് അപ്പൊ അടുക്കയിരിക്കുന്നവ വിചാരിക്കുന്നുണ്ട് എതിരെ ഇങ്ങനെ വിളിക്കുന്നതാണ് മനസ്സിലായില്ല അങ്ങനെ വിളിക്കുമ്പോ വിളിത്തുടങ്ങുന്ന സമയത്ത് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് നിർമ്മലാനന്ദഗിരിസ്വാമി പോയി മനസിലായില്ല അദ്വൈത പോയി ശല്യം ഉണ്ടാക്കുന്ന എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മളെ ശൂന്യപ്രത്യത്തിലേക്ക് വിടാത്ത എന്തോ ഒരു ശബ്ദം ശല്യമായി കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞെട്ടി ഉണർന്ന് ഇരുന്നിട്ട് വീണ്ടും ഈ ശബ്ദത്തിൻ്റെ ആന്തോളനം ഇടയ്ക്ക് മാറ്റുമ്പോഴായി തിരിച്ചറിഞ്ഞുണരുന്നത് ഒരേ ഒഴുക്കിൽ പോവുകയാണെങ്കിൽ വീണ് വീണ് വീണ് ശൂന്യത്തിലെത്തും അപ്പം ആദ്യം ആദ്യം ആദ്യം വിശേഷം പ്രത്യേകം വിശേഷം വിശേഷിച്ചറിയാം ഇത് നിർമ്മലാനന്ദഗിരിയുടെ ശബ്ദം ഇത് അദ്വൈത ദീപികയെക്കുറിച്ചുള്ള വ്യാഖ്യാന ശബ്ദം എന്നൊക്കെ തിരിച്ചറിയാം ഈ വിശേഷാന്ന് മാറിയിട്ട് ഏതോ ശബ്ദം മനസ്സിലായില്ല അത് സാമാന്യം കുറച്ച് കഴിഞ്ഞാൽ ശബ്ദവും ഇല്ല കസേരയില്ല യാണെന്നും തോന്നലില്ല അപ്പോഴാ ഇരിക്കുന്ന കൂടെ കാല് മുന്നോട്ട് നീണ്ടുപോയതും അറിയാതെ കിടക്കാനാകുന്നത് മനസ്സിലായില്ല അത് ശൂന്യം ഇതുപോലെ തന്നെയാണ് ഉണർന്നു വരുന്നത് നിന്ന് സാമാന്യത്തിലേക്ക് വന്ന് ആ ഉണർന്നിരി വരുമ്പോൾ സാമാന്യമാണ് സാമാന്യത്തിൽ ദിക്ക് അതാണ് കിടക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് കിടന്ന് എഴുന്നേറ്റ് വരാൻ നേരത്ത് വാതിൽ ചിലപ്പോൾ മറുവശത്താണെന്ന് വിചാരിച്ചു പോകും അവിടെ പോയി തലയിടിക്കും അതുകൊണ്ട് ഈ സ്വപ്നവും ജാഗ്രത്വവും ഒക്കെ ക്രമമല്ലാതെ ശീലിച്ച സ്വപ്നത്തിൽ നിന്നൊക്കെ വിളിച്ചുണത്തിയ പിള്ളേര് കിടന്നുറങ്ങുന്ന മുറിയിലൊക്കെ ഒരു സീറോ ബൾബൊക്കെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ ആകെ കുളോ മനസ്സിലായില്ല സ്ഥാനമൊക്കെ മാറിപ്പോ മറ്റത് ക്രമമായാണ് ഇന്ദ്രിയ ജനിത അനുഭവങ്ങൾ ഇന്ദ്രിയ ജനിത അനുഭവോൽപന്ന വാസനയുടെ ഉത്ബുദ്ധത ഇന്ദ്രിയ ജനിത വാസന അനുബുദ്ധത ഇവയെ ക്രമമായി ശീലിച്ചു വന്നിട്ടുണ്ടായത് എളുപ്പം മനസ്സിലാവും അപ്പം അങ്ങനെ ഉണർന്നു വരുമ്പോൾ മിഥ്യാകൽപിതമാണ് ശൂന്യവാദികൾ ആ ശൂന്യപ്രത്യത്തെയാണ് എടുക്കുന്നത് മനസ്സിലായില്ല ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് കിടന്ന് ഗാഠമായ സുശുദ്ധിയിൽ ഒന്നും അറിഞ്ഞില്ല ഞാനൊന്നും അറിഞ്ഞില്ല അവിടെയാണ് അലാതചക്രം പോലെ ക്ഷണം ക്ഷണം ഉണ്ടായി മറയുന്ന വിജ്ഞാനം ഓരോ അറിവിനുമിടയില് ഒരു സുശുക്തി ഒളിഞ്ഞിരിക്കാനത്തെ അവർ ക്ഷണിക വിജ്ഞാനം എന്ന പട്ടികയിൽപ്പെടുത്തും അതിനെ നിഷേധിച്ചുകൊണ്ടാണ് ഗുരുദേവൻ ഇതുദാഹരണമായി എടുത്തിരിക്കുന്നത് അപ്പൊ ക്ഷണിക പ്രപഞ്ചമായി പ്രതിഭാസിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പാരമാർത്ഥിക സത്ത എന്നൊന്നില്ല ഗുരുദേവൻ അവിടെ ഉണർന്നവൻ മാത്രമുണ്ടാകും എന്ന് പറയുമ്പോൾ പാരമാർത്ഥിക സത്തയെ അംഗീകരിക്കുന്നുണ്ട് ശൂന്യവാദികൾക്ക് സാക്ഷാത്കരിക്കാനുള്ളൊരു പാരമാർത്ഥിക സത്തയില്ല അവിടെ ഒരു പ്രശ്നവും സംജാതവും ആകുന്നുണ്ടെന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല ഇവിടുത്തെ ദൃഷ്ടാന്തത്തിൽ സ്വപ്നത്തിലെ വിഷയങ്ങളോട് ജാഗ്രത്തിലെ വിഷയങ്ങളെയാണ് ദൃഷ്ടാന്തിക്കുന്നത് ദൃഷ്ടാന്തത്തിൽ ഏതിനെ ദൃഷ്ടാന്തീകരിക്കുന്നു എന്ന യുക്തി അവർ പെട്ടെന്ന് മറക്കുന്നു ദൃഷ്ടാന്തവും ദാർഷ്ടാന്തികവും തമ്മിലുള്ള ബന്ധം ദൃഷ്ടാന്തവും ദാർഷ്ടാന്തികവും കൂടാതെ അത് ബോധ്യമാവുന്നവൻ എങ്ങനെ ശൂന്യമാവും സിമ്പിളാണ് ദൃഷ്ടാന്തം ദാഷ്ടാന്തികം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം ചന്ദ്രൻ അതുപോലെ തന്നെ മന്നവേന്ദ്രൻ ഇത് രണ്ടും ഇല്ലാതായാലും അത് കാണുന്നവനുണ്ട് മനസ്സിലായില്ല അതുകൊണ്ട് ആ തോന്നലുകൾ ഇല്ലാതായി എന്നു പറഞ്ഞാൽ കാണുന്നവനുണ്ട് കാണുന്നവനിൽ ഇത് വിലയം പ്രാപിക്കുന്നു ഇതാണ് അവർ മറന്നുപോകുന്നത് അതാണ് ഇവിടെ ഗുരുദേവൻ പൂരിപ്പിക്കുന്നതും അത് ബോധ്യമാവുന്നവനെങ്ങനെ ശൂന്യമാവും സ്വപ്നപ്രപഞ്ചവും തന്റെ ജാഗ്രപ്രപഞ്ചവും സമമായതിനാൽ ഈ പ്രപഞ്ചമില്ലെന്ന് അനുഭവവേദ്യമാകുന്ന അവനുണ്ടല്ലോ മനസ്സിലായില്ല അതുമില്ല എന്നുള്ള രീതിയിലാണ് പ്രപഞ്ചമില്ലാതായാൽ ഈ കാണുന്നവനും കൂടി ഇല്ലാതായി എന്ന് ശൂന്യവാദികൾ അപ്പം അത് പറയുന്ന നീ ഇല്ലയെന്ന് ചോദിച്ചാൽ മതി മനസ്സിലായില്ല ഇത് പറയാനൊരുത്തനുണ്ടല്ലോ അവനാണ് സത്യം അവിടെയാണ് ഇത് മുട്ടിക്കുന്നത് െ ക്ഷണത്തിൽ നശിക്കുന്ന ജ്ഞാനത്തെ സ്വീകരിച്ചാൽ സ്മൃതി സംസ്കാരം എന്നിവ ഉത്തരമില്ലാതാകും ബൗദ്ധന്മാർ അതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട് താനും വിജ്ഞാനം ക്ഷണനേരത്തിലുണ്ടായി മറയുന്നുവെന്ന് പറഞ്ഞാൽ ഗതീയത എങ്ങനെയുണ്ടാവും സ്മൃതിയുണ്ടല്ലോ മനസ്സിലായില്ല മുമ്പുണ്ടായതിന്റെ സ്മൃതിയുണ്ട് ജന്മജന്മാന്തരങ്ങളോളം അതാണ് അതിന്റെ രസം നിങ്ങളുടെ വാസനയിലിരിക്കുന്ന രസമാണ് നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ അനുഭവിക്കുന്നത് വാസനയിലിരിക്കുന്ന രസം വിട്ടിട്ട് മറ്റൊരാൾ കഴിക്കുന്നത് രസമാണെന്നോർത്ത് കഴിച്ചാൽ തൃപ്തിപ്പെടാത്ത നിങ്ങളുടെ കോശങ്ങൾ അതിനെതിരായി വിഷങ്ങളാണ് നിങ്ങളുടെ രോഗങ്ങൾ അതുകൊണ്ട് അച്ഛനും അമ്മയും അപ്പൂപ്പനും ഒക്കെ ഉള്ള മീനും മണുങ്ങും ഒക്കെ തിന്ന് ശീലിച്ചതാണെങ്കിൽ നാളെ രാവിലെ ഏതെങ്കിലും ഒരു സ്വാമിയെ കണ്ടതിൻ്റെ പേരിൽ പിറ്റേ രാവിലെ മൂലം അങ്ങ് ആവരുത് പിന്നെ ഈ പച്ചക്കറി എല്ലാം തീരും പിന്നെ ഞങ്ങളും വല്ലതൊക്കെ കഴിക്കാനും ഇല്ലാതാവും മനസ്സിലായല്ല ദേഷ്യം ഈ സ്വാമി ഞങ്ങളുടെ നന്മയൊക്കെ ഇല്ലാതാക്കുക അതുകൊണ്ട് വാസനക്കനുസരിച്ച് കഴിച്ച് വാസനയെ മാറ്റിമറിക്കുവാനൊരു അവബോധം നിരന്തരമായി ശ്രവണം കൊണ്ട് കൊടുത്ത് ആ വാസന മാറിയിട്ടേ ഇത് മാറ്റി വേറൊന്നും തുടാവൂ ഇല്ലെങ്കിൽ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കും വേറിത്തം കഴിക്കുമ്പോൾ ദേഷ്യം വരും മനസ്സിലായില്ല വാസനയില്ലാത്തവൻ ആര് കഴിച്ചാലും ദേഷ്യമില്ല അടിത്തേരുന്ന് കഴിച്ചാലും തിരിച്ചില്ല കാരണം അത് അവൻ്റെ ആഹാർ ഇതെന്റെ ആഹാർ ഞാനിവിടെ ഇരുന്ന് ചോറുണ്ടെന്നും അവിടെ നിന്നുകൊണ്ട് പട്ടി തീട്ടം തിന്നുന്നു മനസ്സിലായില്ല പട്ടിക്കത് അമൃത് എനിക്കിത് അമൃത് അതത് തിന്നില്ലെങ്കിൽ ഈ ലോകവാക ബുദ്ധിമുട്ടിലാവും അത് അത് തിന്നണം ഞാനിത് തിന്നണം അത് വാസനയാണ് ഞാൻ അത് തിന്നുമ്പോൾ വിഷമമുണ്ട് അത് വന്ന് ഇത് നിന്നാലും വിഷമമുണ്ട് ഇങ്ങനെ തന്നെ എടുക്കണം വാസനയെ മാറ്റിമറിക്കൽ ഇത് പെട്ടെന്ന് കയറി പതുക്കെ പിടിക്കണം പ്രപഞ്ചവ്യവഹാരങ്ങളെ മുഴുവൻ അംഗീകരിച്ചിട്ട് പതുക്കെ പിടിക്കണം ബോധമകത്തേക്ക് ശ്രവണം കൊണ്ട് ചെല്ലും മനനം കൊണ്ടുറയ്ക്കും നിധിധ്യാസനം വരും വാസന മാറും ക്ഷണനേരം കൊണ്ട് മാറിയാൽ ഉത്തമം മാസങ്ങൾ കൊണ്ട് മാറിയാൽ മധ്യമം ജന്മങ്ങൾ കൊണ്ടു മാറിയാൽ ഉത്തരം ഞാൻ പറയുന്നില്ല പയ്യെ പിടിച്ചാ മതി തിരക്കൊന്നും കൂട്ടണ്ട ഈ ജന്മം കൊണ്ടങ്ങ് മോക്ഷം കിട്ടണമെന്നും വിചാരിച്ച് ചാടണ്ട എന്നെങ്കിലും കിട്ടുമല്ലോ എന്ന് സമ്മാനിച്ചാൽ മതി മനസ്സിലായില്ല ഈ ബിഷപ്പ് ക്ഷമയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന പോലെ അതാ നിങ്ങളുടെ കുഴപ്പം ബിഷപ്പ് എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും എനിക്ക് ക്ഷമയുണ്ടാകണം എൻ്റെ കർത്താവെ എനിക്ക് ക്ഷമ തരണേ അതിപ്പോ തന്നെ തരണേ മനസ്സിലായില്ല അതിന് തന്നെ ക്ഷമ അതുപോലാകരുത് അതുകൊണ്ട് വിഷയങ്ങള് സ്മൃതി വാസന കൊണ്ട് അതുകൊണ്ട് അപ്പോൾ ബുദ്ധനാകുന്നതും അതുകൊണ്ടാണ് അപ്പൊ ക്ഷണത്തിൽ മാറുന്ന ജ്ഞാനത്തിൽ പ്രപഞ്ചത്തിന്റെ തുടർനാടകം തന്നെ അസാധ്യമാണ് അതുകൊണ്ടതില്ല ചിത്തവൃത്തികളെ നിരോധിക്കാൻ വഴിയുണ്ടെങ്കിലാണ് നിരോധം വന്ന് അനുഭൂതിയുണ്ടാവുക ഇപ്പൊ യോഗശാസ്ത്രം വച്ചും ഈ സത്യം ശരിയാണ് അപ്പൊ സ്ഥായിയായ സാക്ഷിജ്ഞാനമാണ് വ്യവഹാരപ്രപഞ്ചത്തെപ്പോലും ക്രമബദ്ധമാക്കുന്നത് നമ്മുടെ വ്യവഹാരപ്രപഞ്ചം പോലും ക്രമബദ്ധമായിരിക്കുന്നത് സ്ഥിരമായ സാക്ഷിയുള്ളത് കൊണ്ടാണ് അതില്ലാതായ പോലും തകിടമറിയും അതുകൊണ്ട് ബാഹ്യാർത്ഥവാദത്തെ ആദ്യം സ്വീകരിച്ച് ഗുരുദേവൻ ഈ സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു അങ്ങനെ വേണം മുന്നേറാൻ അല്ലാതെ ഇത് മുഴുവൻ നിരാകരിക്കുകയല്ലാതും ചെയ്യേണ്ടത് സ്ഥിരമായ ഒരു അധിഷ്ഠാനത്തിൽ അഫാൻ കറങ്ങാൻ ഒരു മൂലബിന്ദുണ്ട് അതുപോലെ ഒരധിഷ്ഠാനത്തിൽ അനൺമൂഡ് മൂവർ സബ്സ്റ്റാൻഷ്യ അവസ്ഥാത്രയ സാക്ഷി കൂടസ്ഥൻ ഇതൊക്കെ ആചാര്യന്മാരുപയോഗിച്ച പദങ്ങളാ കോപ്പി അടിച്ച് പറയുന്നതാ അതേ വഴിയുള്ളൂ ശങ്കരൻ കൂടസ്ഥൻ അവസ്ഥാത്രയ സാക്ഷിയെന്നും പറഞ്ഞിട്ടുള്ള കാന്ഡ് അൺമൂട് മൂവർ എന്ന് പറഞ്ഞിട്ടുള്ള സിനോസ സബ്സ്റ്റാൻഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനൊരു സ്ഥിരമായ സ്ഥായിയായ സാക്ഷി അതിന്റെ അധിഷ്ഠാനത്തിൽ കേവലമായൊരു ബോധത്തിലാണ് സുവ്യഖിതമായ വാസനകളും സംസ്കാരങ്ങളും പ്രപഞ്ചവും അടുക്കി വെച്ചിരിക്കുന്നത് ആദ്യ അതൊന്നടുക്കിലാകണം അത് ക്രമബദ്ധാവണം അത് സാക്ഷി നേരെയാവുമ്പോഴാണ് എന്നിട്ട് വേണം അതിനും അപ്പുറം കിടക്കാൻ അതിന് ഉദകം വിധമാത് അതില്ലാതെ വന്നാൽ സ്മൃതി പോകും സ്മൃതി പോയാൽ ഇത് പഠിക്കുമ്പോൾ അടുക്ക് കിട്ടുക അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് അതും ഇതുമൊക്കെ പുലമ്പും പിന്നെ പണ്ഡിതന്മാരായ വ്യാഖ്യാതാക്കന്മാർ അടുത്തിരുന്ന് ഇതിനെ ഒപ്പിച്ചു തരേണ്ടി അങ്ങനെ ആവരുത് വളരെ ക്രമബദ്ധമായിരിക്കണം അങ്ങനെ വന്നാൽ വിവേകം തകരും അങ്ങനെ വന്നാൽ നമുക്ക് അന്ധകരണം ശുദ്ധമല്ലാതെയാവും പ്രത്യഭിജ്ഞ താറുമാറാവും പ്രത്യഭിജ്ഞ താറുമാറാകാതെ അസ്ഥായിയാകാതെ പ്രമാണ പ്രമേയങ്ങൾക്ക് ശങ്കയില്ലാതെ പ്രമേയത്തിലെ ശങ്ക പ്രമാണത്തിലെ ശങ്ക ഇത് രണ്ടും ഉണ്ടാകാതെ ഇതു പഠിക്കണം അജ്ഞാനത്തിലാണ്ട് വാസനയും സംസ്കാരവും ഉണ്ടാക്കുന്ന സുഖദുഃഖങ്ങൾക്ക് പോലും ഒരടുക്കും ചിട്ടയും ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടായിരുന്നു അത് ശാസ്ത്രീയമാണെന്ന് എണ്ണി പുതിയതരം ശാസ്ത്രവാസനകളെ സൃഷ്ടിച്ചും ആത്മജ്ഞാനത്തിൻ്റെ സ്ഥായി ഭാവം അതുകൊണ്ട് നഷ്ടപ്പെടും ഇത് നഷ്ടപ്പെടാതിരിക്കണം എന്നിട്ടുണ്ടാകുന്ന സുഖദുഃഖം ആകസ്മികമാണെന്ന് തെറ്റിദ്ധരിക്കും നിങ്ങളുടെ ഒരു സുഖവും ഒരു ദുഃഖവും ആകസ്മികമല്ല പൂർവകർമ്മത്തിന്റെ വാസനയുടെ ഫലമാണ് അത് ആകസ്മികമാണെന്നും ഏതോ ഒരു ദൈവം ചതിച്ച ചതിയാണെന്നും വേറെ ഏതോ ഒരു ദൈവം വന്നിട്ട് വേണം ഇത് രക്ഷിക്കാനെന്നും അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ദൈവത്തെ വിട്ട് വേറൊരു തന്നെ പിടിക്കാമെന്നും ഒന്നും വിചാരിച്ചാൽ ഒരു പണിയില്ല ഇത് നിങ്ങളുടെ വാസനയുടെ സൃഷ്ടിയാണ് ഇത് മാറ്റാൻ പറ്റില്ല ആചാര്യന്മാരെ സേവിച്ചാൽ ആചാര്യോപാസനം കൊണ്ടൊക്കെ ഇത് ക്രമമാക്കി എടുക്കാം സഹിക്കാം അവരിതിന്റെ പ്രതീക്ഷയ്ക്കുള്ള കഴിവൊക്കെ തരും ഇതിങ്ങോട്ട് ഒപ്പിയെടുക്കുമെന്നില്ല നല്ല രീതിയിൽ അറിവ് പറഞ്ഞു തന്നാൽ നിങ്ങളിലെ അജ്ഞാനങ്ങൾ സഞ്ചിത നിലയിലാണെങ്കിൽ പോകും ആഗന്തുക നിലയിലാണെങ്കിൽ പോകും പ്രാരബ്ധ നിലയിലാണെങ്കിൽ ശരീരത്തെ അതിന് വിട്ടുകൊടുത്ത് ആസ്വദിപ്പിക്കാൻ അവർക്ക് പറഞ്ഞുതരാൻ കഴിയും അത്രമാത്രം അതിൽ കൂടുതൽ പറ്റുമെന്നൊക്കെ വിചാരിച്ച് കയ്യിലേക്കാശും പോയി ഓടി നടക്കാതെ മര്യാദയ്ക്ക് നോക്കുക ഒരു സുഖവും ഒരു ദുഃഖവും ആകസ്മികമല്ല നിങ്ങളിവിടുന്ന് ഈ ശരീരത്തെ വരെ സ്ഥൂല ശരീരത്തെ വരെ പഞ്ചഭൂത സമ്മിശ്രമായ സ്ഥൂല ശരീരത്തെ വ്യവഹാര ശരീരത്തെ വരെ ഇവിടെ വിട്ടിട്ട് പോകുമ്പോൾ പുണ്യവും പാപവുമാകുന്ന കർമ്മങ്ങൾ കൊണ്ടുപോകും അടുത്ത ശരീരത്തിൽ അവയുണ്ടാവും ജീവൻ അവിടെ ചെന്ന് കയറുന്ന വേളയിൽ അതിനുള്ള ശരീരത്തിൽ തന്നെയാണ് എടുക്കുക കർമായതനത്തില് അതിനനുഗുണമായാണ് അച്ഛനിലും അമ്മയിലും അന്നം പരിപക്വമായി ബീജവും മണ്ടവുമായി അത് സംയോജിക്കുന്നത് ജീവൻ എങ്ങനെയുള്ളതാണോ അതിന്റെ വരവ് കാത്തിരുന്നാണ് ഒരമ്മ അതിനനുഗുണമായ പാരമ്പര്യ സത്തയിൽ നിന്ന് ബീജത്തെ വരിക്കുന്നത് ദശലക്ഷക്കണക്കിന് പുരുഷ ബീജങ്ങൾ എത്തുമ്പോൾ കാലൊടിഞ്ഞവൻ കൈയില്ലാത്തവൻ തല തളർന്നുകിടക്കുന്നവൻ എഴുന്നേക്കാവുന്നവൻ വയ്യാത്തവൻ ഓടുന്നവൻ ചാടുന്നവൻ ബുദ്ധിവൈഭവമുള്ളവൻ പഠിക്കാതെ പഠിച്ചവൻ ഒക്കെയായിട്ടുള്ളവൻ ജീവനായി അവിടെ വന്ന് വാസനയോടെ നിൽക്കുമ്പോൾ അതിനനുഗുണമായ പാരമ്പര്യ സത്തയുള്ളത് ഏതെന്ന് കണ്ട് അതിനെ വരണമാല്യം വിട്ടു അമ്മയാണ് അതുകൊണ്ട് ലോകചരിത്രത്തിൽ സൃഷ്ടിയുടെ രഹസ്യം അമ്മയുടെ അബോധത്തിലിരിക്കുന്നുവെന്നറിഞ്ഞ് അതിനെ മര്യാദയോടെ അനുസരണയോടെ കാണണം പെൺകുട്ടിയെ വളർത്തുമ്പോൾ അവളാണ് നാളെ പ്രാപഞ്ചിക സത്തയുടെ സൃഷ്ടിചേതനയിൽ ഈ രഹസ്യമറിഞ്ഞ് സ്വയംഭരിക്കുന്നതെന്ന് അറിഞ്ഞ് അതിന് കഴിവുള്ളവളാക്കി തീർക്കാൻ പാരമ്പര്യ സത്തയുടെ വിദ്യ ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത വിദ്യ കൊണ്ട് അവളുടെ വരണ മാലിന്യം മാറിപ്പോവും അതിൽ തുള്ളിക്കളിച്ചു വരുന്നതിലെ അണ്ടന്റെയും അഴകോടന്റെയും കഴുത്തിൽ മാലിന്യം വീഴും ഉത്തമനും ശ്രേഷ്ഠനും കുടുംബമര്യാദയുള്ളവനും ആയവൻ വിവാഹം കഴിച്ചതേയുള്ളൂ ബീജങ്ങൾ ഓടിക്കേറുമ്പോൾ അതിനകത്ത് പാരമ്പര്യ ജനിതകങ്ങളുടെ ലക്ഷോപലക്ഷം ഡി എൻ എ കണങ്ങളുള്ള ബീജങ്ങൾ ഓടിച്ചെല്ലുന്ന വേളയിൽ അവൾ ഏതിനെ തെരഞ്ഞെടുക്കുമെന്നത് ശാസ്ത്രത്തിനും യുക്തിക്കും ബുദ്ധിക്കും ഒന്നും പറയാൻ വയ്യാത്ത അനിർവചനീയതയുടെ അവസാന വാക്കാണ് അതുകൊണ്ട് ആം പിള്ളേരെ എങ്ങനെയൊക്കെ വിട്ടാലും വലിയ കുഴപ്പമില്ല ഇവൻ ദശലക്ഷക്കണക്കിന് എണ്ണത്തെയും വിടുന്നത് പക്ഷെ അതിലൊന്നിനെ കൃത്യമായി സ്വീകരിക്കുന്ന അവൾ ചാരിത്രവതിയും ഉത്തമയും നന്മ നിറഞ്ഞവളും സദാചാരനിഷ്ഠയുള്ളവളും അല്ലെങ്കിൽ അവളുടെ ജീവിതം മാത്രമല്ല പോകുന്നത് സമാജത്തിന്റെ കൂടി വിമൻസ് ലിബറേഷൻകാർ കുറച്ചെങ്കിലും കാണും സംഘാടകരോട് അടുത്തതോണേ ഇയാളെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ മതി ഏ അതുകൊണ്ട് ആലോചിച്ചു അതുകൊണ്ട് സുഖദുഃഖങ്ങളൊന്നും ആകസ്മികമല്ല അത് മനസ്സിലാക്കി ശ്രുതി നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മൂന്ന് കാലത്തിലും മാറാതിരിക്കുന്ന സത്യത്തെക്കുറിച്ചാണ് പ്രജ്ഞത്തെ സിമിത്താശത സംക്ലേശ്ച പരതന്ത്രാസ് എന്ന് വിജ്ഞാനത്തിന് വേറെ വിഷയം വേണം അല്ലെങ്കിൽ രണ്ട് എന്ന അനുഭവത്തിന്റെ വൈചിത്യം ഇല്ലാതാകും മാത്രമല്ല ദുഃഖത്തിന് അനുഭവമുള്ളതുകൊണ്ടും അന്യശാസ്ത്രങ്ങൾക്ക് ആശ്രയമായ ബാഹ്യ അസ്ഥിത്വം സ്വീകരിക്കണം നമ്മുടെ അറിവിന് ബാഹ്യവിഷയം വേണം അല്ലെങ്കിൽ വെറുപ്പ് വെളുപ്പ് കറുപ്പ് സ്നേഹം ഇവയൊക്കെ ഈ വൈചിത്രങ്ങളൊക്കെ ഇല്ലാതാവും ആ വൈചിത്രം ലോകത്തിൽ അനുഭവമാണ് വെറും ശബ്ദമാത്രം കൊണ്ട് പ്രത്യക്ഷാനുഭവം ഉണ്ടാവില്ല തൊട്ടും പിടിച്ചും കലർന്നും ഒക്കെ അറിയുന്ന ഈ അറിവ് മുഴുവൻ ഉണ്ടാക്കിത്തരുന്നത് പ്രതീതി വൈചിത്രമുണ്ടാകുന്നത് എല്ലാം മനസ്സിലാക്കി ബോധം വേണം ഗുരുദേവൻ അതുകൊണ്ട് ജഗത്ബോധം ഭ്രാന്തി ദർശനം തന്നെയാണ് എന്ന് പറയുന്നത് പൂർവപക്ഷത്തെ മാനിച്ച് സ്വീകരിച്ച് ഉണരുമ്പോൾ ഇല്ലാതാകുമെന്ന് പറഞ്ഞാണ് ജ്ഞാനം സംപ്രതി സത്യമാണ് സംവൃത സത്യം അജ്ഞാനത്തെ സംവരണം ചെയ്യുക വിഴുങ്ങിക്കളയുക ഇതുപനിഷത്ത് കഴിക്കാ പറയുന്ന സംവൃത സത്യമാണ് ഇത് സംവരണം ചെയ്യുന്നത് വിഴുങ്ങുന്നത് അങ്ങനൊരു ഉപനിഷത്തുണ്ട് അറിയൂ ഈശാവാസ്യമിതം സർവം ജഗത്യം ജഗത്ത് അവിടെ സംവരണ സത്യത്തെക്കുറിച്ചാണ് പറയുന്നത് സംവൃത സത്യം സംവരണം ചെയ്യണമെന്നാണ് ശങ്കരൻ ഭാഷ്യത്തിൽ പറയുന്നത് ഈശ്വരനാൽ ജഗത്തിനെ മൂടണം അതീ ദൃഷ്ടികോണത്തിലാണ് സംവൃതസത്വമാണ് ഈശ്വരൻ ആ ഈശ്വരൻ ജ്ഞാനം അത് സ്വപ്രകാശകമാണ് ഇത് ഖണ്ഡന ഖണ്ഡനഘാദ്യത്തില് വിജ്ഞാനം താവത് സ്വപ്രകാശം സ്വദേവസിദ്ധ എന്നു പറയുന്നു ഹർഷൻ ഇത് ഭംഗിയായി പറയുന്നുണ്ട് അതുതന്നെ ആചാര്യ ശങ്കരൻ സ്വതസിദ്ധ എന്ന് പറഞ്ഞു തരുന്നുണ്ട് അത്രായ പുരുഷ സ്വയം ജ്യോതിഹി ആത്മാവ് സ്വപ്രകാശമാകയാൽ സ്വതസിദ്ധമാകുന്നു വേറെ ഒന്നും വേണ്ടത് പഠിക്കാനും ഉൾക്കൊള്ളാനും അപ്പോൾ സ്വതസിദ്ധമായ ആത്മാവ് സർവഥ ദൃക്കാണ് വിഷയബാഹുല്യം നാമങ്ങൾ ഇവയെല്ലാം അജ്ഞാനമാണ് ഒന്നാം ശ്ലോകം കഴിഞ്ഞു ഇനി ദൃക് കാരണവും സൂക്ഷ്മവും സ്ഥൂലവും ആയ പ്രപഞ്ചവൈവിധ്യങ്ങളുടെ നിലയെ വിചാരം ചെയ്ത് ആത്മസാക്ഷാത്കാരത്തിലെത്തുക പല ദാർശനികന്മാരും പല വഴി ഗുരുദേവൻ എന്ന് പറയുന്നു നോക്കാം അതിലനേക വാദങ്ങളുണ്ട് ബിംബ പ്രതിബിംബവാദം അവച്ഛേദവാദം അനേകവാദങ്ങളുണ്ട് ഗുരുദേവൻ സ്വീകരിച്ചിരിക്കുന്നത് ഇതില് വാചസ്പതി മിശ്രന്റെ അവച്ഛേദവാദമാണെന്ന് തോന്നി അത് നമുക്ക് നോക്കിക്കാണാം ആത്മാവികം എന്താണ് അവച്ഛേദവാദമെന്ന് ഗുരുദേവൻ പറഞ്ഞ ഈ ശ്ലോകത്തിൽ നിന്ന് സംക്ഷിപ്തമായി കണ്ടെടുത്തതിലേക്ക് കയറാം ആത്മാവേകം ഭേദം കൊണ്ട് അനേകം അതാണ് നാമങ്ങൾ അനേകം പ്രതിഭ അനേകമെന്നൊക്കെ പറഞ്ഞത് അധിഷ്ഠാനമായ ആ സത്യം സ്വയം പ്രകാശവും സ്വതസിദ്ധവുമായ ആത്മാവും അതിന്റെ രണ്ടാം പാദത്തിൽ ശ്ലോകത്തിന്റെ രണ്ടാം പാദത്തിൽ വ്യാവഹാരിക സത്തയെ പ്രപഞ്ചത്തെ ആദ്യത്തതിൽ സ്വീകരിച്ചിട്ട് രണ്ടാമത്തതിൽ നിഷേധിക്കുന്നു പ്രപഞ്ച മിഥ്യാത്വം അവതരിപ്പിക്കുകയും അധിഷ്ഠാനമേകമാണെന്ന് കാണിക്കുവാൻ വിവർത്തവാദത്തെ ഭർതൃഹരി വാക്യപതീയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതും ശങ്കരൻ സമർത്ഥിച്ചിട്ടുള്ളതുമായ ആരാണ് ആദ്യം വന്നത് ആദ്യം പോയതെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞത് പൊതുവെ ഭർതൃഹരിയാണ് പ്രാചീനനെന്ന് പലർക്കും അഭിപ്രായം ഉള്ളതുകൊണ്ട് ആ പദം മര്യാദാമസൃണമായി സ്വീകരിച്ചുവെന്ന് മാത്രം ആ വിവർത്തവാദത്തെ ഉദാഹരിപ്പിച്ചുകൊണ്ട് സ്വപ്ന ദൃഷ്ടാന്തത്തെ ഭംഗിയായി പറഞ്ഞ് സ്വപ്നങ്ങളെല്ലാം സ്വപ്നം കാണുന്നവനിൽ ലയിക്കുന്നു അതുപോലെ എല്ലാ പ്രാതിഭാസിക പ്രപഞ്ചവും ഭ്രാന്തിയാണ് അതുപോലെ തന്നെ വ്യാവഹാരിക പ്രപഞ്ചവും ഭ്രാന്തിയാണ് കാര്യകാരണങ്ങൾക്ക് സമാനത കാണിച്ചുകൊണ്ട് ജഗത്തും കാരണമായ മായയും ഭ്രാന്തിയാണ് രണ്ടും അനാദിയാണ് സത്യമില്ലാത്തതാണ് എന്നറിയണം പരമാത്മാവ് അനാദി എന്ന് പറഞ്ഞാൽ എന്നും ഉള്ളതാണെന്നും അറിയണം മായ അനാദിയാണെന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണെന്നും ആത്മാവ് അനാദിയാണെന്ന് പറഞ്ഞാൽ എന്നും ഉള്ളതുമാണെന്നും ഒരേ ശബ്ദം കൊണ്ട പറഞ്ഞത് സ്വപ്നത്തിൽ കണ്ട കുതിരയും രഥവും രഥ്യയുമെല്ലാം ഉണർവിങ്കൽ അസ്തമിച്ചതുപോലെ അതെല്ലാം നമ്മള് ദൃഷ്ടാന്തം കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഭംഗിയായി പറഞ്ഞിട്ട് രണ്ടാം ശ്ലോകത്തിൽ നോക്കാം പദ്യം രണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ആയിരക്കണക്കായ നാമരൂപങ്ങൾ ഉള്ള പ്രപഞ്ചം ശ്രവണാദി സാധനകൾ വഴി യാഥാർത്ഥ്യം അറിയുന്നതുവരെ നേരാണ് ശ്രവണാദികൾ കൊണ്ടാണ് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് അത് ഇപ്പോൾ കേൾക്കുന്നത് ഒരു വാസനയായിത്തീർന്നു തത് ജന്യ സംസ്കാരം കൊണ്ട് അന്യ സംസ്കാരങ്ങളെ ഇല്ലാതാക്കി കളയാ അതുവരെ ഇതുള്ളതാണോ എന്ന് അംഗീകരിക്കണം അംഗീകരിക്കുമ്പോൾ തന്നെ ഒട്ടുവളരെ പോകും ഒട്ടുവളരെ സദ്വാസനകളും ദുർവാസനകളും പാപവാസനകളും പുണ്യവാസനകളും എനിക്ക് എന്നോട് അന്യൻ ചെയ്താൽ ഇഷ്ടപ്പെടാത്ത ഏതെല്ലാം കാര്യങ്ങൾ അന്യനോട് ഞാൻ ചെയ്യുന്നുവോ അതെല്ലാം പാപവാസനകളാണ് അതാണ് എൻ്റെ നിർവചനം അത് നന്നാകാൻ ആഗ്രഹിച്ച് അല്പം ശ്രമം ചെയ്താൽ ക്ഷണനേരം കൊണ്ട് അസ്തമിക്കും അവ ക്ഷണനേരം കൊണ്ട് ശ്രവണമണനാദികളാൽ അസ്തമിക്കുന്ന വാസനകളാണ് കാരണം അത്തരം വാസനകളൊന്നും നമ്മുടെ ആത്മാവിൽ ചേർന്ന് നിൽക്കുന്നവയല്ല കടുത്ത അധ്യാസത്തിൽ രൂപാന്തരപ്പെടുന്നവയാണ് നല്ല വാസനകളിലേക്ക് രൂപാന്തരം പ്രാപിക്കാൻ എളുപ്പമാണ് മോശമായതിലേക്ക് പ്രാപിക്കുവാൻ ക്ലിഷ്ടമാണ് തിരിച്ചാണ് നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവുക അതിന് കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വൈകല്യമാണ് പഴയകാലത്ത് ഒരമ്മയും കള്ളം പറയരുതെന്ന് മക്കളോട് പറയില്ല ഒരമ്മയും മക്കൾ പുറത്തുപോയി സ്ഥാനം വാങ്ങിച്ചുകൊണ്ടുവന്നാൽ നീ അത്ര മോഷ്ടിച്ചു എന്ന് ചോദിക്കില്ല അവനേതെങ്കിലും കാരണവശാൽ പത്ത് വയസ്സെടുത്തൊരു മൊട്ടായി മേടിച്ചിരുന്നുണ്ടെങ്കിൽ ചോദിക്കാത്തത് കൊണ്ട് അമ്മയോട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ ഉറക്കം വരില്ല ഇന്ന് ഒരു പൈസയും എടുത്തില്ലെങ്കിലും എത്ര ഇതിൽ നിന്ന് അമുക്കിയടാ എന്ന് ആദ്യം ചോദിക്കും അപ്പത് ചെയ്യാത്തത് തെറ്റാണെന്ന് അമ്മ പറഞ്ഞു എന്ന് അവന്റെ വാസനയിൽ കയറും ആ ശബ്ദമാണ് ദുർവാസനയാകുന്നത് അപ്പൊ അടുത്ത തവണ അവൻ സ്വൽപ്പം എടുത്ത് മാറ്റിവെച്ചിട്ട് ഒന്നിനുപയോഗിക്കാതെ നിങ്ങൾക്ക് കൊണ്ടുത്തരും ആദ്യ അത്രയും കുറച്ച് കൊണ്ടുത്തരും അപ്പം നിങ്ങൾ അവനെ ഒരു കുറ്റവും പറഞ്ഞില്ല എന്ന് കാണുമ്പോൾ അവൻ തീരുമാനിക്കും ക്കുന്നതാണ് ശരി അതുപോലെ നിങ്ങൾ പറയും കള്ളം പറയരുത് അവിടെ കള്ളമെന്നൊന്നുണ്ട് അവന് ബോധ്യപ്പെടുകയാണ് അവന്റെ മസ്തിഷ്കത്തിനകത്ത് ആദ്യം കള്ളം എന്നത് ചെന്ന് വീണിട്ടാണ് പറയരുത് എന്ന അരുത് കേൾക്കുന്നത് അരുതുകൾ കേൾക്കാവുന്നതല്ല മസ്തിഷ്കം അതിനു മുമ്പുള്ളതേ മസ്തിഷ്കം സ്വീകരിക്കുക എല്ലാ ദുർവാസനകളും ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഉള്ളവയല്ല ഇത് പ്രത്യേകം ഓർക്കുകയും കൂടി വേണം ക്ലിയറായി തരികയും അത് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ഓർത്തു വേണം പഠിക്കാൻ അപ്പോ ശ്രവണാദി സാധനകളാണ് ഇതിന്